ാണ് രണ്ടാമത്തെ മന്ത്രം ഒന്നാമത്തെ മന്ത്രം ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് അതിന്റെ ഭാഷ ഭാഷകാരൻ തുടർന്ന് പറയുന്നു അഭിധാന അഭിധേയോ രേഖ അഭിദാന പ്രാധാന്യം നിർദ്ദേശ കൃത പറഞ്ഞ കാര്യത്തെ ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ് അഭിദാന അഭിധേയങ്ങൾക്ക് ഏകത്വമുണ്ടെങ്കിലും അഭിധേയം വസ്തു ആ ശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്ന വസ്തു അല്ല ഒന്നാണ് അങ്ങനെ ഇവയ്ക്ക് താം പരസ്പരം ഏകത്വം ഉണ്ടെങ്കിലും അഭിദാന പ്രാധാന്യ നിർദ്ദേശത്വത മുമ്പ് പറഞ്ഞത് അഭിദാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് എങ്ങനെ ഓം സർവവാക്കും ഓമാണ് എന്നാണ് മുമ്പ് പറഞ്ഞത് അഭിജേയത്തിന് പ്രാധാന്യം കൊടുത്തു പറയുമ്പോ എങ്ങനെ സർവവും ബ്രഹ്മമാണ് എന്ന് പറയും അപ്പോ രണ്ടു വന്നു തന്നെ സർവവും ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സർവവും ബ്രഹ്മം എന്ന് പറഞ്ഞാലും അർത്ഥവും തന്നെ എന്തുകൊണ്ട് ഓം എന്ന് പറയുന്നത് ബ്രഹ്മത്തെ തന്നെ ബ്രഹ്മത്തിന്റെ വാചകമാണ് ഓം എന്ന് പറഞ്ഞു എന്നാലും ആദ്യം ആ രീതിയിൽ പറഞ്ഞു രണ്ടിനെയും താല്പര്യം ഒന്നായതുകൊണ്ട് സർവശബ്ദങ്ങളും ഓങ്കാരത്തോടഭേദമായിരിക്കുന്നു സർവ്വ അർത്ഥങ്ങളും ശബ്ദത്തോടഭേദമായിരിക്കുന്നു സർവ സ്ഥലവും ശബ്ദവും അർത്ഥവും എല്ലാം ബ്രഹ്മത്തോട് അഭേദമായിരിക്കുന്നു അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ അഭിദാന അഭിഥേയങ്ങൾക്കുള്ള ഏകത്വം എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വ്യക്തമാക്കിയതാണ് അഭിദാന ശബ്ദവും അർത്ഥവും ഏകമാണ് പറയുമ്പോ ശബ്ദവും അർത്ഥവും ഒന്നാണെന്ന് സാധാരണ വാച്ചാർത്ഥം ഗ്രഹിക്കരുത് അതായത് ശബ്ദം തന്നെ എന്താണ് അഭിദാനോ അഭിജേയ രേഖത്വം ശബ്ദത്തിനും ശബ്ദവും അർത്ഥവും ഒന്നാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ധരിച്ചുകൊണ്ടാണ് ശബ്ദം തന്നെയാണ് അർത്ഥം അതിനെ ശരിക്കും ഭാഷാന്തരം ചെയ്തു കഴിഞ്ഞാൽ അത്രേ അർത്ഥം വരത്തുള്ളൂ ശബ്ദത്തിനൊന്നും വേറിട്ട അർത്ഥമില്ല ശബ്ദം തന്നെയാണ് അർത്ഥം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വിശദീകരിച്ചാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി എന്ന് പറയുന്ന ശബ്ദം അത് തന്നെയാണ് അഗ്നി എന്ന് പറയുന്ന പദാർത്ഥം എന്ന് വരും അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ അഗ്നി എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്ന് വേറിട്ട് പാകം തുടങ്ങിയ കാര്യങ്ങൾക്ക് അഗ്നി എന്ന് പറയുന്ന അർത്ഥത്തിന്റെ വസ്തുവിന്റെ ആവശ്യം വേണ്ടി വരത്തില്ല ദോഷം വരുന്ന എന്താണ് അഗ്നി എന്നുള്ള ശബ്ദം ഉച്ചരിക്കുമ്പോൾ വായു കത്തിപ്പോകും എന്തുകൊണ്ട് ശബ്ദവും അർത്ഥവും വേറെ വേറെയുള്ള ശബ്ദം തന്നെ അർത്ഥം അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു എന്റെ വ്യാഖ്യാനത്തിൽ ആനന്ദഗിയുടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇതിന് ഏകമെന്ന് പറയുന്നു സർവത്വം ഏകമെന്നാണ് ഇവിടെ പറയുന്നത് അദ്വൈതം ഇവിടെ രണ്ടാമതൊന്നുമില്ല എല്ലാം ഏകം തന്നെ ഏകമായ പരമാത്മാവ് ആ അർത്ഥത്തിലെ എല്ലാം ഏകമെന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ നാനാത്വം ഇങ്ങനെ നിലനിൽക്കുന്നു നാനാരൂപത്തിൽ ആ നാനാത്വത്തെ നമുക്ക് മറ്റു തരത്തിൽ ഒന്നാക്കാൻ കഴിയത്തില്ല ഏകമായ സത്തിൽ പരമാത്മാവിൽ ഈ ശബ്ദാർത്ഥങ്ങളെല്ലാം ആരോപിക്കപ്പെട്ടിരിക്കും അല്ലെങ്കിൽ ഏകമായ സത്തിൽ പരമാത്മാവിൽ ഇതെല്ലാം പ്രതീതമാകും അതുകൊണ്ട് നമുക്കിതിനെല്ലാം ഏകമെന്ന് വിളിക്കാം ആ രീതിയിലാണ് ഇവിടെ ഏകത്വത്തെ മനസ്സിലാക്കേണ്ടത് അല്ലാതെ രണ്ട് വസ്തുക്കൾ ഒന്നാണെന്ന് പറയുകയാണ് രണ്ട് വസ്തുക്കൾ ഒന്നാണെന്ന് പറയുക നമ്മൾ എന്ത് വേണം ആദ്യം വസ്തുവിനെ രണ്ടായി അംഗീകരിക്കണം പിന്നീട് അതിനെ ഒന്നായിട്ട് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഒന്നാക്കണം പാലും വെള്ളവും രണ്ട് വസ്തുക്കളാണ് അതിനെ കലർത്തി കഴിഞ്ഞാൽ ഒന്നാകും അതുപോലെ ഒന്നാക്കുകയല്ല ഇവിടെ അല്ലെങ്കിൽ രണ്ട് ഭിന്ന വസ്തുക്കൾ ഒന്നാക്കുകയെന്ന് പറയുകയല്ല ഇതെല്ലാം ശബ്ദാർത്ഥങ്ങളെല്ലാം ആ ഏകമായ സത്തിൽ ആരോപിച്ചിരിക്കുന്നു അതിൽ പ്രതീനമാകുന്നു അതിൽ നിലനിൽക്കുന്നു സത്തിനെ നമ്മൾ ഏകമെന്ന് കൽപ്പിക്കണം അവിടെ നാനാർത്ഥമില്ല അതുകൊണ്ട് സർവവും ഏകമാണോ ആ രീതിയിൽ മനസ്സിലാക്കണമെന്ന് പറയുന്നു ആദ്യം ശബ്ദത്തിന് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞു എങ്ങനെ ഓം ഇതക്ഷരം ഇതും സർവം ഓം എന്ന് പറയുന്ന അക്ഷരം തന്നെയാണ് സർവം ഓം ബ്രഹ്മവാചകമാണെങ്കിൽ ഓം തന്നെയാണ് ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ് ഇതെല്ലാം ഇത്യാദി അഭിദാന പ്രാധാന്യം നിർദ്ദിഷ്ട അങ്ങനെ അഭിദാനത്തിന് ശബ്ദത്തിന് പ്രാധാന്യം കൊടുത്ത് ആദ്യം പറഞ്ഞു അഭിധേയ പ്രാധാന്യ നിർദ്ദേശം ഇവിടെ എന്താണ് പറയുന്നത് കർമ്മം ഭേദം ബ്രഹ്മ നേരത്തെ പറഞ്ഞു ഇതെല്ലാം ഓമാണ് ഇപ്പൊ പറയുന്നു ഇതെല്ലാം ബ്രഹ്മമാണ് അഭിധേയ പ്രാധാന്യത്തോടുകൂടി പറയുന്നു എന്തിനു അഭിദാന അഭിധേയോ രേഖത്വ പ്രതിപത്യാഥം ഇവിടെ ശബ്ദവും അർത്ഥവും ഒന്ന് എന്ന് പറയുമ്പോൾ അവിടെ ശബ്ദത്തിനോ അർത്ഥത്തിനോ പ്രാധാന്യമില്ല ശബ്ദത്തിനും അർത്ഥത്തിനും തുല്യസ്ഥാനമേ ഉള്ളൂ എന്തുകൊണ്ട് ശബ്ദവും അർത്ഥവും ആരോപിതമാണ് ശബ്ദവും അർത്ഥവും ബ്രഹ്മത്തിൽ നിലനിൽക്കുന്നതാണ് അപ്പുറത്തിനും ശബ്ദത്തിനും അപ്പുറമാണ് അർത്ഥത്തിനും അപ്പുറമാണ് ബ്രഹ്മ പരമാത്മാവ് ഇതിനെല്ലാം അതീതമാണ് അതിന് നമുക്ക് ശബ്ദമായി ഗ്രഹിക്കാൻ പറ്റത്തില്ല ഏതെങ്കിലും ശബ്ദത്തിന്റെ അർത്ഥമായും അതിനെ ആഗ്രഹിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊന്നും അതിനെ ധരിക്കാനൊക്കത്തില്ല അത് മനസിലാക്കാൻ വേണ്ടിയിട്ടാണ് അഭിദാന അവിധേയ ഏകത്വ പ്രതിബദ്ധ ആദ്യം ഇത് സർവവും ഈ ശബ്ദാർത്ഥങ്ങളെയെല്ലാം ഇത് രണ്ടും ആരോപിതമാണെന്ന് ധരിച്ചുകൊണ്ട് ഇതിനപ്പുറം ഉള്ളതാണ് ശബ്ദാർത്ഥങ്ങൾക്ക് ശബ്ദത്തിന് വിഷയമാകാത്തതും അർത്ഥമായി നിർവചിക്കാൻ കഴിയാത്തതുമാണ് പരമാത്മതത്വം എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ഇതിന് ഏകത്വം പറയുന്നു ഇതരഥ അഭിദാന പ്രതിപത്തി അഭിജേയ അഭിദാനത്വം ഗുണമിത്യാശങ്കാസ്യ എപ്പോഴും എന്താണ് അഭിധേയ പ്രതിപത്തി അഭിദാന തന്ത്രമാണ് ശബ്ദാധീനമാണ് അർത്ഥബോധം എന്നാണ് പറയുന്നതിന്റെ അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് ഒരു വസ്തുവിനെ കുറിച്ചുള്ള ബോധം ശബ്ദത്തിനധീനമാണ് അല്ലാ വസ്തുബോധം ഉണ്ടാകട്ടു അതുകൊണ്ടാണ് ശബ്ദം ഇല്ലെങ്കിൽ ആണ് വാസ്തവത്തിലുള്ള അന്ധത എന്ന് പറയുന്നത് സങ്കല്പിക്കുന്നതിന് ശബ്ദം വേണം നമ്മൾ അർത്ഥത്തെക്കുറിച്ച് സങ്കല്പിക്കുമ്പോൾ ആ സങ്കല്പത്തിന് സഹായിക്കുന്നത് ശബ്ദമാണ് അങ്ങനെ ഒന്നിന് പ്രാധാന്യവും ഒന്നിന് അപ്രാധാന്യവും ഉണ്ടെങ്കിലും പരബ്രഹ്മവുമായി താരതമ്യപ്പെടുത്തിയതെന്ന് ചിന്തിക്കുമ്പോഴോ ഇത് രണ്ടും തുല്യമാണ് അഭിദാന അഭിധേയങ്ങൾ രണ്ടും തുല്യമാണ് പ്രത്യേകിച്ച് അതിന് വിശേഷതയൊന്നുമില്ല രണ്ടും നാനാത്വത്തിൽപ്പെടുന്നു രണ്ടും ആരോപിതങ്ങളാണ് അതുകൊണ്ട് ശബ്ദം മുഖ്യം അർത്ഥം ഗൌണം എന്ന് സാധാരണഗതി പറയാമെങ്കിലും മുഖ്യമായ രീതിയിൽ അത് ശരിയല്ല രണ്ടും ആരോപിതങ്ങളാണ് രണ്ടും തുല്യമാണ് ഇവിടെ ഇതിനെല്ലാം കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി ഇതിന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശബ്ദത്തിന്റെ മഹത്വമോ അർത്ഥത്തിന്റെ മഹത്വമോ നമുക്ക് വിശേഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ട് ശബ്ദാർത്ഥങ്ങൾക്ക് അതീതമായിട്ടുള്ള അപ്പുറമുള്ള പരമാത്മ ബോധമുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് കാരണം ഏകത്വ പ്രതിപത്യ പ്രയോജനം അഭിദാന അവിധ്യയോ രേഖേനയോ പ്രയത്നേന യുഗപത്പ്രലാപയൻ തദ്വിലണം ബ്രഹ്മപ്രതിപദ്ധ്യത ഇവിടെ അറിയേണ്ടത് ഇതൊന്നുമല്ല നമ്മൾ വളരെയധികം വിശദീകരിക്കുന്ന ഈ ശബ്ദാർത്ഥ പ്രക്രിയകളെ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കണം പക്ഷെ അത് മനസ്സിലാക്കുന്നത് അതിനറിയാൻ വേണ്ടിയിട്ടില്ല മറിച്ചോ അതിനെ ഏകേനയ പ്രയത്നേനെ യുഗപത്രവിലാപയാണ് അതിനെ തിരസ്കരിക്കുന്നു ഇതെല്ലാം ഒന്നാണെന്ന് ആദ്യം ധരിക്കുന്നു ശബ്ദാർത്ഥങ്ങളെല്ലാം ഒന്ന് എന്ന് ധരിച്ചു കഴിഞ്ഞാൽ ആ ഒന്നായ ഈ ശബ്ദാർത്ഥങ്ങളെ നിഷേധിച്ചിട്ട് അതിനപ്പുറമുള്ള പരമാത്മതത്തെ ബുദ്ധി ബോധിക്കുന്നു അദ്വൈത സാധനയിൽ മുഖ്യമായിരിക്കുന്ന എന്താണ് ബുദ്ധി ബോധ്യം ബുദ്ധിയുടെ ബോധ്യമാണ് അതെല്ലാം പ്രധാനം ആത്യന്തികമായ അതെല്ലാം ലക്ഷ്യം എന്നാലും അത് പ്രധാനമാണ് ആത്യന്തികമായത് പ്രധാനമല്ലെങ്കിലും അതി പറയുന്ന കാര്യങ്ങൾ ബുദ്ധിക്ക് പിടിയിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് അനുഭവത്തിലേക്ക് വരുന്നത് ബുദ്ധിക്ക് ബോധ്യപ്പെടുന്നത് എങ്ങനെ ബോധ്യപ്പെടണം പരമാർത്ഥത്തിൽ ഏകമേ ഉള്ളൂ ഒന്നേ ഉള്ളൂ അതുമാത്രമേ സത്യമായിട്ടുള്ളൂ ഈ കാണുന്ന നാനാത്വങ്ങളോ അത് നമ്മൾ സത്യമായിട്ടുള്ള അനുഭവിക്കുന്നത് ഏകമായിട്ടുള്ള അതിനെ അനുഭവിക്കുന്നത് നമ്മുടെ അനുഭവത്തിൽ അതങ്ങനെയല്ല എങ്കിലും അതും ആ ഏകം തന്നെ അതും ആ സത്യം തന്നെ എന്ന് ബോധിക്കണം ഈ നാനാത്വ രൂപത്തിലിരിക്കുന്ന ഇത് എങ്ങനെയാ സത്യമാകും ഏകമാകും കാരണം ഇത് അതിൽ നിന്ന് വേറെയല്ലാത്തുണ്ട് ഇത് അതിൽ നിന്ന് വേറെയല്ല എന്ന് പറഞ്ഞാൽ തന്റെ താല്പര്യം ഈ കാണുന്ന നാനാത്വത്തിന് അതിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായ ഒരു നിലനിട്ടില്ല സ്വതന്ത്രമായൊരു അസ്തിത്വം ഇതിനില്ല സ്വതന്ത്രമായ ഒരു അസ്തിത്വം ഇതിനില്ലെങ്കിൽ ഇതിന്റെ അസ്തിത്വം നമുക്ക് അനുഭവപ്പെടുന്നത് ആ പരമാത്മാവിന്റെ അസ്തിത്വം തന്നെ പരമാർത്ഥത്തിൽ ഈ കാണുന്നതല്ല അത് തന്നെ ആ രീതിയിൽ ബുദ്ധിക്ക് ബോധ്യപ്പെടുക അതിനാണ് വിചാര സഹായം മറ്റേതെങ്കിലും ഒരു സാധനയാണെങ്കിൽ അവിടെ നമ്മോട് നിർദ്ദേശിക്കുന്ന എന്താണ് നിങ്ങൾ അരമണിക്കൂർ ഇന്നത് ചെയ്യുക അരമണിക്കൂർ മറ്റൊന്ന് ചെയ്യുക ഇന്ന മന്ത്രം ജപിക്കുക ഇന്ന രൂപത്തെ ധ്യാനിക്കുക അല്ലെങ്കിൽ ഇന്ന പൂജ ചെയ്യുക ഇന്ന അനുഷ്ഠാനങ്ങൾ ചെയ്യുക എന്ന് സമയക്ലക്ഷതയോടുകൂടി പ്രത്യേകിച്ച് ഒരു അനുഷ്ഠാന മാർഗത്തെയാണ് അവിടെ നിർദ്ദേശിക്കുന്നത് അല്ല ഓരോരോ സാധന മാർഗങ്ങൾ അതൊന്നും അസംബന്ധമെന്നല്ല പറയുന്നത് അദ്ദേഹം ആ രീതിയിലല്ല പറയുന്നത് ഇവിടെ പറയുന്നത് എന്താണോ എന്താണോ ശ്രുതി പറയുന്നത് അത് നിങ്ങളുടെ ബുദ്ധിക്ക് ബോധ്യപ്പെടുക ആദ്യം ശരിയായ വസ്തുബോധം നിങ്ങളുടെ അന്ധകരണത്തിൽ ഉണ്ടാകുക അതാണ് ആദ്യം നേടേണ്ടത് അതിന് സഹായിക്കുന്ന തരത്തിൽ ഇതിനെ ശ്രവിക്കുക ഇതിനെ മന അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഇവിടെ പറയുന്നത് അതാണ് ഇതിന്റെ തുടക്കം അതിനുള്ള ബുദ്ധി സൂക്ഷ്മതയില്ല അല്ലെങ്കിൽ അതിനുള്ള ഏകാഗ്രതയില്ല ബുദ്ധിക്കാനുള്ള ക്ഷമതയില്ല അല്ലെങ്കിൽ അത് അതിന്റെ തനിമയിൽ ഉൾക്കൊള്ളുന്നതിനുള്ള ബുദ്ധിക്ക് വേണ്ടത്ര തെളിമയില്ല അതായത് ബുദ്ധി ശുദ്ധിയില്ല ഇങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി മറ്റു കാര്യങ്ങൾ ചെയ്യും ധ്യാനമോ ജപ ജപമോ മറ്റ് യോഗങ്ങളോ ഒക്കെ ചെയ്യും പക്ഷെ കടന്നു കഴിഞ്ഞാൽ അവിടെ ഇതിനൊന്നുമില്ല പ്രാധാന്യം അദ്വൈത വിചാരത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെ ബുദ്ധിക്ക് ബോധ്യപ്പെടുത്തും അതിനനുകൂലമായ രീതി ചിന്തിക്കുക ശ്രുതി മതത്ത് എന്ന് പറയുന്നതാണ് ശ്രുതി അനുസാരിയായി ചിന്തിക്കുക ഭാഷത്തിൽ അതാണ് ചെയ്യുന്നത് ഭക്ഷ്യകാരം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് അല്ല ഇവിടെ എവിടെയെങ്കിലും വരാറുണ്ടോ നിങ്ങളിത് ശ്രവിച്ചതിന് ശേഷം പോയിരുന്നു ഇന്നത് ചെയ്യുക അല്ലെങ്കിൽ മറ്റൊന്ന് ചെയ്യുക അങ്ങനെ പറയുന്നില്ല ഇത് നിങ്ങൾക്ക് ഉൾക്കൊള്ളുന്നതിനുള്ള യോഗ്യതയില്ലെങ്കിൽ നിങ്ങളോട് പലതും ചെയ്യാൻ ആവശ്യപ്പെട്ടു ഇത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മറ്റൊന്ന് ചെയ്യാനായി അവശേഷിക്കുന്നു അതാണ് പറയുന്നത് ഇവിടെ ഏക പ്രയത്നമേ ഉള്ളൂ അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം പരമാവിന്റെ നിജസ്ഥിതി എന്താണെന്ന് ബോധിക്കുക പ്രപഞ്ചത്തിന്റെ മിഥ്യാത്വത്തെ ധരിക്കുക ഇതേയുള്ളു ഇത് രണ്ട് ഏകം പ്രയത്നമാണ് ഇത് രണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഇതവന്റെ ബുദ്ധിക്ക് ബോധ്യപ്പെടും അതുകൊണ്ടിവിടെ എന്ത് ചെയ്യുന്നു ബ്രഹ്മത്തെ ഏകമായി പറയുന്നു ബ്രഹ്മഭിന്നമായിരിക്കുന്ന സർവ്വത്തെയും നമുക്ക് പൊതുവെ രണ്ടായിത്തിരിക്കും എന്താണോ നാമാർത്ഥങ്ങൾ ശബ്ദാർത്ഥങ്ങൾ ശബ്ദാർത്ഥം എന്ന് പറയുമ്പോൾ പ്രപഞ്ചമായി അല്ലെങ്കിൽ ബ്രഹ്മ ഭിന്നമായ സർവുമായി പരമാത്മാവിനെ നമുക്ക് ശബ്ദമായിട്ടോ അർത്ഥമായിട്ടോ എടുക്കാൻ പറ്റത്തില്ല രണ്ടുമല്ല ശബ്ദവും അർത്ഥവുമല്ല ബാക്കിയുള്ള ആത്മഭിന്നമായ സർവവും ശബ്ദാർത്ഥങ്ങളായി ആ ശബ്ദാർത്ഥങ്ങളെ ഓരോന്നായിട്ട് ധരിച്ച് ഓരോന്നിനെയായിട്ട് നിഷേധിച്ച് ഈശ്വരബോധം എന്ന് പറയുന്നത് അസാധ്യമാണ് കാരണം പ്രപഞ്ചം ആനന്ദമാണ് അതുകൊണ്ട് തന്നെ ഓരോന്നോരോന്നായിട്ട് വിനയിപ്പിക്കുക അത് അസാധ്യമാണ് ആദ്യം തന്നെ രണ്ടായി തരി ഒന്ന് വേറെ രീതിയിൽ പറയും നാമവും രൂപവും അത് തന്നെയാണ് നാമവും എന്നിട്ട് അതോ അതും ഒന്ന് തന്നെ നാമമൊന്നും അർത്ഥമെന്നും പറഞ്ഞുകൊണ്ട് രണ്ടില്ല ഒന്നിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അതും ഒന്നു തന്നെ നമ്മളതിനെ രണ്ടായി ഗ്രഹിക്കുന്നു നാമമായും അർത്ഥമായും ഗ്രഹിക്കുന്നു വാസ്തവതലവ് ഒന്നു തന്നെ ഒന്ന് രണ്ടായി പ്രതീതമാകുന്നതാണ് അപ്പൊ ആ രണ്ടായിട്ടുള്ള പ്രതീതിയെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഇതിനെ ശേഷിക്കുന്നതാണ് പരമാർത്ഥ അതുകൊണ്ടിവിടെ പറയുന്ന എന്താണ് ഏകനയുഗ്രതാഭയൻ ഇത് കർപ്പിതമാണ് എന്നുള്ള ബോധം കൊണ്ട് ഇവിടെ വിലയിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ മറ്റൊന്നിനെ ലയിപ്പിക്കുന്നത് പോലെ ഉള്ളവർ ലയനപ്രക്രിയയിൽ നിന്ന് അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലയം എന്ന് പറഞ്ഞാൽ ബാധയാണ് മുഖ്യമായിട്ട് മുഖ്യാർത്ഥം സത്യമല്ലാന്ന് ബുദ്ധിക്ക് ബോധ്യപ്പെടുകയാണ് ണം ബ്രഹ്മ ഈ കാണുന്ന ഈ ഭ്രാന്തിയിൽ നിന്നും വിലക്ഷണമായിരിക്കുന്ന ഏകമായിരിക്കുന്ന നിത്യമായിരിക്കുന്ന സത്യമായിരിക്കുന്ന ഏതെല്ലാം തരത്തിലതിനെ ബോധിക്കാമോ ഇതിൽ നിന്ന് ഭിന്നമായിട്ട് വിലക്ഷണമെന്ന് പറഞ്ഞാൽ ഭിന്നം ഭിന്നമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ ബോധിക്കണം ബുദ്ധിക്ക് ബോധ്യപ്പെടണോ ആദ്യം എല്ലാവരും പറയും ഇതിനെക്കുറിച്ച് പറയുന്നതിനും ചിന്തിക്കുന്നതിനും ഒന്നും കാര്യമില്ല അനുഭവമാണ് മുഖ്യമെന്ന് പറയും അത് ശരിയാണ് അനുഭവം തന്നെയാണ് മുഖ്യം പക്ഷെ അനുഭവത്തിനുള്ള ഉപായം എന്താ അനുഭവം സാധ്യമാകും ആ അനുഭവം സാധ്യമാകണമെങ്കിലും ആദ്യം അത് അവന്റെ ബുദ്ധിക്ക് ബോധ്യപ്പെടും അത് കഴിഞ്ഞാൽ പിന്നെ അത് അനുഭവത്തിലേക്ക് ആ ബോധ്യപ്പെട്ട ുദ്ധിയാണ് അതിനെ അനുഭവത്തിലേക്ക് നയിക്കുന്നത് അതുകൊണ്ടാണ് പരോക്ഷമായ ഞാനും പിന്നീട് അപരോക്ഷമായ ഞാനും എന്നെല്ലാം പറയും അതാണിവിടെ മുഖ്യം ശബ്ദാർത്ഥങ്ങളുടെ ഏകത്വമാണ് മുഖ്യം തഥാചി അടുത്ത് പറയുന്നു പാദ മാത്ര പാദങ്ങൾ തന്നെയാണ് വിശ്വതൈജസ ിങ്ങനെ പറയുന്ന ആ പാദങ്ങൾ അതിൽ വിശ്വത പിന്നെ മാത്രം അവളെ കുറിച്ച് പറയുന്നു അകാര ഉകാരങ്ങൾ ഇത് പിന്നെ ഏകമായി പറയും വാസ്തവത്തിൽ ഗ്രഹിക്കേണ്ടത് വിശ്വതൈസപ്രാജ്ഞനെയോ അകാരമകാരങ്ങളെയോ അല്ല ഗ്രഹിക്കേണ്ടതെന്ന് മാത്രനായിരിക്കുന്ന തുര്യനെയാണ് പക്ഷെ ആദ്യം ഇതിനെ മനസ്സിലാക്കിത്തരുന്നു ഇത് ഏകമാണം ധരിക്കുക എന്നിട്ട് വാസ്തവത്തിലുള്ള പരമാർത്ഥത്തിലുള്ള ഏകനെ ഗ്രഹിക്കുക അതിനുവേണ്ടിയിട്ടാണ് ഇവിടുത്തെ പറയുന്നത് ബ്രഹ്മം ബ്രഹ്മ സർവം യദുക്തം മാത്രമിത് ബ്രഹ്മ നേരത്തെ പറഞ്ഞെന്താണോ ഓമിത്യേക ദർശനമിതം സർവം ഈ സർവ സർവ ശബ്ദങ്ങളും സർവർത്ഥങ്ങളും എല്ലാം ഓമാണെന്ന് പറഞ്ഞു ഓമെന്ന് പറയുന്നതോ അത് ബ്രഹ്മമാണ് ഓമെന്ന് പറഞ്ഞിട്ട് തന്നെ ബ്രഹ്മം എന്ന് എന്തുകൊണ്ട് പ്രത്യേകം പറയുന്നത് കാരണം ഓം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ് അത് കേവലം ശബ്ദമാണ് ഓം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൽ ഉപരിയായൊരു ബോധം നമുക്കുണ്ടാകത്തില്ല കാരണം നമ്മളെ ദിഹ്യേന്ദ്രിയം കൊണ്ട് നമ്മൾ ഉച്ചരിക്കുന്ന ശബ്ദമാണ് ആ ശബ്ദത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ഓം മുമ്പ് പറഞ്ഞു എന്താണത് പരമാത്മ വാചകമാണ് പരമാർത്ഥത്തിൽ സർവാത്മകമായിരിക്കുന്ന ആ ഓം അത് ബ്രഹ്മമാണ് ഒരിക്കലും അങ്ങനെ ധരിക്കരുത് ബ്രഹ്മം ശബ്ദാത്മകമാണ് നമ്മൾ ഈ ഉച്ചരിക്കുന്ന അല്ലെങ്കിൽ ശ്രവിക്കുന്ന ശബ്ദം അതാണ് ബ്രഹ്മം എന്നല്ല ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ ആ ശബ്ദം കൊണ്ട് നമ്മൾ ധരിക്കുന്നത് അതുമല്ല ബ്രഹ്മ ഏതൊരു ശബ്ദം ഉച്ചരിച്ചാലും ഓന്നുള്ളതല്ല ഏത് ശബ്ദം ഴിഞ്ഞാലും ആ ശബ്ദത്തിലൂടെ ഉള്ളിൽ നമ്മുടെ അന്ധകരണത്തിൽ ചൈതന്യസ്ഫുരിക്കും ചൈതന്യസ്ഫുരണം ഉണ്ടാകും അതെന്താണ് അങ്ങനെ ചൈതന്യസ്ഫുരണം എന്ന് പറയുന്നത് ശബ്ദ ഉച്ചാരണം എന്ന് പറയുന്നത് ജിഹ്വയുടെ ജോലിയാണ് അതൊരു ക്രിയയാണ് ഒരു പ്രവൃത്തിയാണ് ശബ്ദ ഉച്ചാരണമെന്ന് പറയുന്നത് ശബ്ദം ഉച്ചരിക്കാമെന്ന് പറയുന്ന ഒരു യാന്ത്രികമായ പ്രവൃത്തിയാണ് ശബ്ദം ജീവന് മാത്രമല്ല അചേതനമായ വസ്തുക്കളിൽ നിന്ന് ശബ്ദം പുറപ്പെടുന്നതാണ് പക്ഷേ ഒരു ജീവൻ ശബ്ദം ഉച്ചരിക്കുമ്പോൾ അവിടെയാണ് ചൈതന്യത്തിന്റെ സ്ഫുരണം ഉണ്ടാകുന്നത് ഏത് ശബ്ദത്തിനും ഉച്ചാരണത്തിൽ ചൈതന്യസ്ഫുരണം എന്ന് പറയുന്നത് എന്താണോ ചൈതന്യസ്ഫുരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മ സ്ഫുരണം എന്നുണ്ടാവും ഓങ്കാരത്തിലല്ല ഏത് ശബ്ദത്തിനും അതുണ്ടാവും ജീവനെ അത് സംഭവിക്കും ശബ്ദം എവിടെയൊന്നും ഉണ്ടാകാം ശബ്ദം ഉച്ചരിക്കുമ്പോഴും ശബ്ദം ശ്രവിക്കുമ്പോൾ ശബ്ദം ഉച്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ശബ്ദശ്രവണവും സംഭവിച്ചില്ല ശബ്ദം ഉച്ചരിക്കുന്നു പക്ഷേ ശബ്ദം ശ്രവിക്കാതിരിക്കാതെ സാധ്യമായി അത് ശബ്ദത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരേ സമയം രണ്ട് പ്രവൃത്തി നടക്കും മറ്റേന്ദ്രിയങ്ങൾക്കൊന്നും ആ ഒരു പ്രത്യേകതയില്ല നമ്മൾ കാണുന്നു ഒരു വസ്തുവിനും ചക്ഷേന്ദ്രിയവിടെ കാണൽ മാത്രമേ അടക്കുന്നുള്ളൂ മറ്റൊന്നും അടക്കുന്നുള്ളൂ ആ സമയം നമ്മൾ ശബ്ദത്തെ ഉച്ചരിക്കുമ്പോൾ അങ്ങനെ ശബ്ദത്തിന്റെ മഹത്വം നമ്മൾ ഉച്ചരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ശബ്ദം ശ്രവിക്കുകയും ചെയ്യും സംശയം വേണ്ട ചെറു ചോദിക്കും ചെവി അടച്ചിട്ടാണ് ഉച്ചരിച്ചാൽ ുദ്ധിയുള്ള ഒരു ചിലര് ചിലപ്പോൾ തറുപ്പ് തിരഞ്ഞു സംശയമുണ്ടെങ്കിൽ നോക്കുക ചെവി അടച്ചിപ്പിച്ചരിക്ക ശബ്ദം നമ്മൾ കേൾക്കും മറ്റുള്ളവരും കേൾക്കും അത് ശബ്ദത്തിന്റെ ഒരു പ്രത്യേകതയാണ് ചെവി അടച്ചിപ്പിച്ചരിച്ചാലും നമ്മൾ കേട്ടു പക്ഷെ മറ്റുള്ളവർ പറയുന്ന കേൾക്കത്തില്ല ചെവി അടച്ച അവനവൻ ഉച്ചരിക്കുന്ന അവനവന് കേൾക്കാൻ പറ്റും ഏക സമയത്ത് തന്നെ സംഭവം ഇവിടെ ശബ്ദോച്ചാരണത്തിൽ തന്നെ ശബ്ദം ശ്രവിക്കുന്നതുമുണ്ട് ശബ്ദോച്ചാരണത്തിൽ ആണ് ചൈതന്യസ്ഫുരണം വ്യക്തമായി ഉണ്ടാകുന്നത് മറ്റേന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങൾ ഗ്രഹിക്കുമ്പോൾ ഇത്രയും സ്പഷ്ടമല്ല ആ ചൈതന്യസ്ഫുരണം എന്ന് പറയുന്നത് എന്താണ് ആ ശബ്ദത്തെക്കുറിച്ചുള്ള ബോധം അതാണ് ആ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഉച്ചരിക്കുന്ന ആ സമയം തന്നെ ഉള്ളിൽ ആ ശബ്ദബോധമുണ്ടാകും ആ ബോധത്തെയാണ് ശബ്ദത്തെക്കുറിച്ചുള്ള സ്ഫുരണമെന്ന് പറയുന്നത് ഏകാഗ്രമായി ഇവിടെ പ്രഖ്യാതാക്കളും അക്കാര്യം പറയും ഇത് പൊതുവെ ശബ്ദത്തിന്റെ ഒരു സ്വഭാവമാണ് ഏത് ശബ്ദവും നമ്മൾ ഏകാഗ്രമായോ അല്ലാതെയോ ഏത് ശബ്ദം ഉച്ചരിച്ചാലും ഉടൻ തന്നെ ഉള്ളിൽ ബോധസ്ഫുരണം ഉണ്ടാകും ആ ബോധസ്ഫുരണം വിശേഷത എന്താണ് ചില പ്രത്യേക ശബ്ദങ്ങൾ പൂങ്കാരം പോലെയുള്ള ശബ്ദം ആ ശബ്ദങ്ങൾ ഏകാഗ്രമായ മനസ്സോടുകൂടി ഉച്ചരിച്ചു കഴിഞ്ഞാൽ ആ ബോധസ്ഫുരണം കൂടുതൽ സ്പഷ്ടമാകും അതാണ് ഓംകാരം പോലെയുള്ള ശബ്ദങ്ങളെ ഉപാസനയ്ക്കും ജപത്തിനും മറ്റും വേണ്ടി ഉപയോഗിക്കുന്നു അതെന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു കാരണം ഇവിടെ പറഞ്ഞു ഓം എന്ന് പറയുന്നത് പരമാത്മവാചകമാണ് അത് പരമാത്മവാചകമായതുകൊണ്ട് ആ ശബ്ദം ഏകാഗ്രമായി വിചരിക്കുമ്പോൾ അവിടെ പരമാത്മസ്ഫുരണം വ്യക്തമായി ഉണ്ടാകുന്നു അതുകൊണ്ടാണ് ആ ശബ്ദത്തെ എടുത്തു പരിശോധിക്കുന്നതിന്റെ അതിനുള്ള അകാരം മകാരങ്ങളുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ഈ തരത്തിലാണ് അത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ആചാര്യസ്വാമികളുടെ തന്നെ പഞ്ചീകരണം എന്ന് പറയുന്ന ഒരു ലഘുഗ്രന്ഥമുണ്ട് അതിന് ശ്രീശ്വരാചാര്യസ്വാമികളുടെ വ്യാഖ്യാനമുണ്ട് അത് വായിച്ച് മനസ്സിലാക്കുക ഓം എന്ന് ശബ്ദം അത് ഉപാസനയ്ക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നു അത് ഏതെല്ലാം തരത്തിൽ പ്രവർത്തിക്കുന്നു അതിന്റെ അർത്ഥ വിപുലത എന്താണ് എങ്ങനെയത് പരമാത്മ വാചകമായി തീരുന്നു അതെല്ലാം അവിടെ വിശദീകരിക്കും അപ്പോ ആ ഓങ്കാരത്തിൽ നിന്ന് പരമാത്മ സ്മരണമുണ്ടാകുന്നു ആ ഓങ്കാരം സർവശബ്ദങ്ങളെ ഉൾക്കൊള്ളുന്നു അതുകൊണ്ടിവിടെ പറഞ്ഞു സർവം യുഗം ഓങ്കാരം മാത്രമതി തതേത ബ്രഹ്മ ധർമ്മുമാ ഓങ്കാരം മാത്രമാണ് ധർമ്മമാ ഓങ്കാരം തന്നെയാണ് തതേത ബ്രഹ്മ ബ്രഹ്മം ഓങ്കാരത്തിലൂടെ വ്യക്തമായ ചൈതന്യസ്ഫുരണം ഒരു ജീവന് അനുഭവിക്കാൻ കഴിയുന്നത് അത് ബ്രഹ്മവാചകമായും അത് തന്നെ പറയുന്നു അങ്ങനെയാണെങ്കിലും അതും പൂർണമല്ല എന്തുകൊണ്ട് ഓങ്കാര സ്ഫുരണത്തിലൂടെ ഓങ്കാരോച്ചാരണത്തിലൂടെ നമുക്ക് സ്ഫുരിക്കുന്ന ഓങ്കാരത്തെ ആലംബനമായി സ്വീകരിക്കുമ്പോൾ സ്ഫുരിക്കുന്ന ചൈതന്യ സ്ഫുരണം അതും പൂർണ്ണമല്ല എന്തുകൊണ്ട് ആ ചൈതന്യത്തെ അതിന്റെ പൂർണ്ണതയും വിലപ്പെടുത്തുന്നതിന് ഓങ്കാരവും പ്രാപ്തമാണ് ഓങ്കാരവും കേവലം ഒരു രക്ഷകം മാത്രമാണ് ഓങ്കാരം പരമാർത്ഥത്തിൽ ബ്രഹ്മവാചകമല്ല ഓങ്കാരത്തിനും അതിന്റെ വാച്യമായി ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കാൻ കഴിവില്ല ആത്യന്തികമായി ഒരു ശബ്ദം മാത്രമാണ് അതുകൊണ്ട് ഓങ്കാരത്തെ ബ്രഹ്മവാചകമായി സ്വീകരിക്കാൻ നിവർത്തിയിട്ടുള്ളത് ബ്രഹ്മത്തെ അത് ലക്ഷീകരിക്കും അല്ലെങ്കിൽ ഓങ്കാരത്തിലൂടെ ബ്രഹ്മസ്ഫുരണം എന്ന് നമുക്ക് പറയാം പക്ഷേ അതിന്റെ അനുഭവത്തിൽ അല്ലെങ്കിൽ അതിന്റെ സാക്ഷാത്കാരത്തിൽ ഓങ്കാരം സാക്ഷാത്കാരം ശബ്ദരഹിതമാണ് ആ സമയം സ്ഫുരണം ശബ്ദസഹായത്തോടുകൂടിയതാണ് സർവത്ര എവിടെ എവിടെയെല്ലാം ചൈതന്യ സ്ഫുരണം ഉണ്ടാകുന്നു അവിടെ എവിടെയെല്ലാം ശബ്ദത്തിന്റെ സഹായം അതിനുണ്ടായി പക്ഷെ എവിടെയാണോ സാക്ഷാത്കാരം സംഭവിക്കുന്നത് അവിടെ ശബ്ദത്തിന് യാതൃസ്ഥാനം അത് മറ്റൊരു വിഷയമാണ് അതുകൊണ്ടാണ് ഓങ്കാരത്തിനേയും ർമ്മത്തിന്റെ കേവലം രക്ഷകം എന്ന് പറയുന്നു അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് വാച്യവാചക രൂപത്തിലുള്ള ഈ ശബ്ദാർത്ഥങ്ങൾക്ക് അപ്പുറമാണ് പരമാത്മാവ് ശബ്ദാർത്ഥങ്ങളുടെ തലത്തിലല്ല പരമാത്മാ സാക്ഷാത്കാരം എന്നിവിടെ പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞു എന്താണ് ഏകപ്രയത്നേന ഏകപത്രവിലാവൻ സർവത്തെയും വിലയിപ്പിക്കുന്നു ശബ്ദത്തെയും ശബ്ദത്തിന്റെ അർത്ഥത്തെയും ആ അർത്ഥം സ്ഫുരണരൂപത്തിലായാലും ശരി അതിനെയും എന്താണ് വിലക്ഷണമായ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നു അവിടെ പൊങ്കാരത്തിനും സ്ഥാനമൊന്നും തതേത് ബ്രഹ്മ എന്നാലും പറയാം എന്താണ് ഇത് പൊങ്കാരം എന്ന് പറഞ്ഞത് ബ്രഹ്മത്തെ തന്നെയാണ് പരോക്ഷവിഹിതം പ്രത്യക്ഷതോ വിശേഷം പരമാത്മാവും എന്നെല്ലാം പറയുന്നതുകൊണ്ട് തന്നെ അത് പരോക്ഷമായി പോകും പറഞ്ഞല്ലോ വേദാന്തത്തിൽ അദ്വൈതത്തിൽ മുഖ്യമായ സാധന എന്ന് പറയുന്നത് ബുദ്ധി ബോധ്യം ബുദ്ധിക്ക് ബോധ്യപ്പെടുക എന്നുള്ളതാണ് ഇപ്പറയുന്ന കാര്യം ബുദ്ധിക്ക് അത് പിടികിട്ടുക അത് അതിനെ ഗ്രഹിക്കുക എന്നുള്ളതാണ് അതാണ് അതിന്റെ അനുഷ്ഠാനം എന്ന് പറയുന്നത് ഇവിടെ ഗ്രഹണം തന്നെ അനുഷ്ഠാനം നമ്മൾ മുമ്പ് ഗീതാക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഗ്രഹണം തന്നെയാണ് അനുഷ്ഠാനം അനുഷ്ഠാനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീയില്ല അത് സ്ത്രീ കൊണ്ടത് സാധ്യമല്ല എന്ന് പറയുന്ന അതാണ് ഗ്രഹിക്കലെന്ന് പറയുന്ന എന്താണോ അതൊരു സ്ത്രീയെ ഗ്രഹിക്കലെന്ന് പറയുന്നൊരു ആവിർഭാവമാണ് ഒരു പ്രകാശമാണ് ക്രിയെ പക്ഷേ നമ്മൾ ബ്രഹ്മത്തെക്കുറിച്ച് പരമാത്മാവിനെ കുറിച്ചെല്ലാം വാതുവരാതെ പ്രസംഗിക്കുമ്പോൾ അത് ക്രിയയായിപ്പോകും അത് പരോക്ഷമായി പോകും നമ്മൾ അന്യമായ ഒരു വസ്തുവിനെ കുറിച്ച് സംസാരിക്കുന്നുവെന്ന് ധരിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ ശ്രുതി തന്നെ പറയുന്നു ഇതുവരെ പറഞ്ഞതെല്ലാം എന്താണ് പരോക്ഷമാണ് ബ്രഹ്മത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ് അതിന്നതാണ് ഇന്നതാണ് ഇന്നതാണെന്നൊക്കെ വർണ്ണിക്കുന്നു അങ്ങനെ ബോധ്യപ്പെടുന്നത് ഒരു പരിധിവരെ ഉപകാരപ്പെടുത്തണം ആ ബോധ്യപ്പെടലല്ല വേണ്ടത് പിന്നെയോ പ്രത്യക്ഷതോ വിശേഷീണോ ദൃശിക്കുന്നു അത് പ്രത്യക്ഷമാവും അത് അനുഭവമായിത്തീരും അനുഭവമായി തീരുവാന്ന് പറഞ്ഞാൽ എങ്ങനെയാ നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ളതും അനുഭവിക്കുന്നുണ്ട് പുറമേ ഉള്ളതും അനുഭവിക്കുന്നുണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന വസ്തുക്കളെയൊക്കെ ഞാൻ കാണുന്നുണ്ട് ഇതെന്റെ അനുഭവമാണ് എന്റെ ഉള്ളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ ഞാൻ കാണുന്നുണ്ട് അതെന്റെ ആന്തരികമായ അനുഭവമാണ് അപ്പൊ അനുഭവം എന്ന് പറയുന്നത് പുറമേയും ഉള്ളിലുമായിട്ട് സദാർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് പ്രപഞ്ചാനുഭവം ഇവിടെ പ്രത്യക്ഷം എന്ന് പറയുന്ന അതല്ല പരമാത്മാവിനെ സംബന്ധിച്ചുള്ള പ്രത്യക്ഷം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പലരും പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രത്യക്ഷമാണ് ഒരു സുപ്രഭാതത്തിൽ ഞാൻ പരമാത്മാവുമായി ഒന്ന് ഏറ്റുമുട്ടും അവർ വലിയ ഏറ്റുമുട്ടലായിരിക്കും അന്നവിടെ പലത് സംഭവിക്കും പലരും ഇങ്ങനെ ഏറ്റുമുട്ടിയിട്ടുണ്ട് ഇതൊക്കെയാണ് നമുക്കിതിനെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങൾ അത്തരം ഏറ്റുമുട്ടലൊന്നുമല്ല ഇവിടെ പറയുന്നത് എന്താണ് അയം ആത്മാ ബ്രഹ്മ ഇതാണ് ഇവിടുത്തെ ഏറ്റുമുട്ടൽ ഇവിടെ പറയുന്നത് താനായിട്ടറിയുക അതാണ് ഇവിടുത്തെ പ്രത്യക്ഷ താനായിട്ടറിയാത്തിടത്തോളം കാലം അവിടെ പ്രത്യക്ഷ സംഭവിക്കുന്നുണ്ട് അതാണ് ആത്മാ ബ്രഹ്മ വേദാന്തികൾ വളരെ പ്രാധാന്യം കൊടുക്കുന്ന മഹാവാക്യങ്ങളിൽ ഒന്ന് പൊതുവെ നാല് വേദങ്ങളില് പ്രധാനമായിട്ട് നാല് മഹാവാക്യങ്ങളെ കുറിച്ച് പറയും ഗർഗിവേദത്തില് പ്രജ്ഞാനം ബ്രഹ്മ യജുവേദത്തില് ബൃഹദാരണ്യത്തില് അഹംബ്രഹ്മാസ്മി സാമവേദത്തില് ശാന്തോകൃത്തില് തത്വമസ് അഥർവ വേദത്തില് മാണ്ഡൂക്യത്തില് അയമാത്മാ ബ്രഹ്മ പ്രസിദ്ധങ്ങളായ നാല് മഹാവാക്യങ്ങൾ ഇത് അദ്വൈതികൾക്കാണ് ഇതിന് പ്രാധാന്യം ഇവിടെ എല്ലാ മഹാവാക്യങ്ങളിലും പറയുന്നത് എന്താണ് ഈ മഹാവാക്യങ്ങൾ ആണ് പരമാത്മാവിനെ പ്രത്യക്ഷമായി ബോധിപ്പിക്കും നമ്മളതിന് ജീവാത്മാ പരമാത്മ ക്കും എന്നൊക്കെ സാങ്കേതികമായ ഭാഷയിൽ പറയും കുറച്ചുകൂടി ലളിതമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മഹാവാക്യങ്ങൾ എന്താണ് ചെയ്യുന്നത് പരമാത്മാവിനെ പ്രത്യക്ഷമായി ബോധിപ്പിക്കും സാധാരണ ഈശ്വരനെ നമ്മൾ ധരിച്ചിരിക്കുന്നത് അന്യമായിട്ട് ദൂരെയായിട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ആകാശത്തിലേക്ക് നോക്കി രണ്ട് കൈകളും ഉയർത്തി പ്രാർത്ഥിക്കുന്നത് മേളയിലിരിക്കുന്നു പരമാത്മാവിനോട് ശ്രുതി അതല്ല പറയുന്നത് അതതിനെ പ്രത്യക്ഷമായി ബോധിപ്പിക്കുന്നു അതിന്റെ പ്രത്യക്ഷത എന്ന് പറയുന്നത് എന്താണ് അതിനെ താനായി ബോധിപ്പിക്കാതെ അത് പ്രത്യക്ഷമാകത്തില്ല പരമാത്മാവിനെ വേറെ ഏതെല്ലാം തരത്തിൽ ബോധിപ്പിച്ചാലും ശരി അതൊരിക്കലും പ്രത്യക്ഷമായി ബോധിക്കാൻ പറ്റത്തില്ല കാരണിപ്പോ അതീതനായിരിക്കുന്ന തനിക്കൊരറ്റവും പിടിയും കിട്ടാത്ത ഒന്നായി പരമാത്മാവിനെ കാണുമ്പോ അതെങ്ങനെ പ്രത്യക്ഷമാവും അതെനിക്ക് അന്യനായിരിക്കത്തേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ കൈ ഉയർത്തി ആകാശത്ത് നോക്കി പ്രാർത്ഥിക്കുന്നത് ആ ഒരു അല്ല പ്രത്യക്ഷം എന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുക എന്നുള്ള അർത്ഥത്തില്ലല്ലോ തന്റെ സ്വരൂപമായി ബോധിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പ്രത്യക്ഷമെന്ന് പറയുന്നത് പ്രത്യക്ഷം മലയാളത്തിൽ പരിചയമുള്ള വാക്കല്ല ഇവിടെ പറയുന്നത് നമ്മൾ പ്രത്യക്ഷമൊന്നും അപ്രത്യക്ഷമൊന്നും പറയുന്നതല്ല ഇവിടെ തന്റെ സ്വരൂപമായി ബോധിക്കുക അതാണ് അയോമാത്മാ ബ്രഹ്മ എന്ന് അതാണ് പ്രത്യക്ഷ എണ്ണം എന്ന് പറയുന്നു ഭാഷകാരം വിശദീകരിക്കുന്നു അയമിതി ചതുഷ്പാത്വന പ്രവിഭജ്യമാനം പ്രത്യേകാത്മതയ അഭിനയന നിർദ്ദേശം ചൂണ്ടിക്കാണിക്കുന്നു ചൂണ്ടിക്കാണിക്കുന്ന പറഞ്ഞാൽ ഒരാൾ തന്റെ നേരെ ഇങ്ങനെ ചൂണ്ടുന്നു അതാണ് അയമെന്ന് പറയുന്നത് ഈ ഞാൻ എന്നിങ്ങനെ അഭിനയനെ നിർദ്ദേശിക്കുക ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഇവിടെ ചൂണ്ടുക എന്നുള്ളതാണ് അഭിനയം ആദ്യം ഈ പരമാത്മാവിനെ വർണ്ണിക്കുന്നു ചതുഷ്പാത്വികൾ നാല് ഭാഗങ്ങളുള്ളതായിട്ട് അതിന് നാല് കാര്യങ്ങളുള്ളതായിട്ട് പറയുന്നു അല്ലെങ്കിൽ നാല് ഭാഗങ്ങളുള്ളതായിട്ട് പറയുന്നു വിശ്വൻ തേജസ്സൻ പ്രാജ്ഞൻ പുരിയൻ ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ഒരു വസ്തു നാല് ഭാഗങ്ങളുള്ളത് നമ്മളത് സാക്ഷാത്കരിക്കേണ്ടതാണ് നമ്മൾ കാണേണ്ട ഒരു വസ്തുവാണ് ഈ രീതിയിലൊക്കെ ധരിക്കാം അങ്ങനെയൊക്കെ മനസ്സിൽ പരബ്രഹ്മത്തെക്കുറിച്ച് പല ധാരണകളും വരാം നല്ല ധാരണകൾ വരാം എന്താണ് അത് സർവവ്യാപകമാണ് അശുദ്ധമാണ് മുക്തമാണ് ഇങ്ങനെയുള്ള സത്യമാണ് ജ്ഞാനമാണ് അനന്തമാണ് ആനന്ദമാണ് ഇത്തരത്തിലെല്ലാ ധാരണകളും വന്നു ആ ധാരണയിൽ നിന്നും അതിന്റെ പ്രത്യക്ഷതയിൽ പ്രത്യക്ഷത വേണമെങ്കിലോ പ്രത്യേകാത്മകതയാ പ്രത്യ ആന്തമായ ആത്മാസ്വരൂപം തന്റെ തന്നെ യഥർത്ഥസ്വരൂപമായിട്ട് വാസ്തവ സ്വരൂപമായിട്ട് അതിനെ നിർദ്ദേശിക്കും എന്നാലേ അങ്ങനെ ഗ്രഹിച്ചാലേ ആത്മാവ് പ്രത്യക്ഷമാകത്തുള്ളൂ പരമാത്മാവിനങ്ങനെ ധരിക്കാത്തവരാലും പരമാത്മാവ് പ്രത്യക്ഷമാകുമെന്നും അംഗീകരിക്കുന്നില്ല പ്രത്യേകാത്മരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് പരമാത്മാവ് എന്നൊരാൾ സ്വീകരിച്ചില്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ സങ്കല്പത്തിലുള്ള പരമാത്മാവ് അയാൾക്ക് പ്രത്യക്ഷവുമാണ് അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലോ പരമാത്മാവ് പ്രത്യക്ഷമാണ് അതിനുള്ള ഒരേ ഒരു ഹേതു എന്താണ് അത് തന്റെ തന്നെ ആന്തരികമായ സ്വരൂപമായിരിക്കും സന്ദേ തന്നെ സ്വരൂപം അത് തനിക്ക് പ്രത്യക്ഷമാകും അത് തനിക്ക് അപ്രത്യക്ഷമാണ് എന്നാർക്കും പറയാൻ കഴിയുന്നു അത് സർവപ്രത്യക്ഷമായിരിക്കുന്നു എന്നാ പറയുന്നത് അത് തന്നെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ശ്രുതിയുടെ ഈ ശബ്ദങ്ങളെല്ലാം അത് നമുക്ക് ശ്രുതിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ശ്രുതി പ്രത്യേകാത്മാവായി അതിനെ ചൂണ്ടിക്കാണിച്ചിട്ടും ബുദ്ധിദോഷം കൊണ്ട് നമുക്ക് ബുദ്ധി ബോധ്യം വരുന്നില്ല അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതിന്റെ വ്യാഖ്യാനം ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നത് ഞാൻ പറയുന്നത് അതാണ് അതിന്റെ പ്രത്യക്ഷത എന്ന് പറയുന്നത് അത് പ്രത്യേകാത്മതയ അഭിനയേനെ നിർത്തി ശരി വിരൽ ചൂണ്ടി എന്നെ ബോധിപ്പിക്കുകയാണ് അപ്പോ ഈശ്വര തത്വം എന്തെന്ന് മനസ്സിലാക്കാതെ നമ്മൾ കൈകൾ ആകാശത്തിലേക്ക് വിശിയിട്ട് പ്രാർത്ഥിക്കും ശ്രുതി എന്താണ് ചെയ്യുന്നത് നമ്മുടെ നേരെ വിരൽ ചൂണ്ടുകയാണ് അതിലൂടെ അഭിനയം ആ പരമാത്മാവ് നിണ്ട് തന്നെ വാസ്തവ അത് പ്രത്യേകാത്മാത്യേകം എന്ത് പറയുന്നു നീയാണ് പരമാത്മാവെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ വരാം കാരണം താൻ ഈ കേവലമായ അഹംബോധം ശരീരത്തിനും മറ്റും ഉറപ്പിച്ചിരിക്കുന്ന അഹംബോധമാണ് ആ പരമാത്മാവെന്ന് തെറ്റിദ്ധരിക്കും അങ്ങനെ വരാനും അതുകൊണ്ട് ഭാഷകാരനോട് പ്രത്യേകം പറയുന്നു പ്രത്യേകാത്മത്വേന ശരീരത്തിന്റെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും ഇന്ദ്രിയങ്ങളുടെയും തലത്തിനപ്പുറമുള്ള തന്റെ ഒരു വാസ്തവ സ്വരൂപമുണ്ട് ആ രൂപത്തിൽ അതിനെ നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അയം ആത്മായം ആത്മാ പ്രത്യേക ആത്മാ അതിന് അയം ആത്മയുടെ അർത്ഥം അങ്ങനെ നിർദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള അതിൽ ഉള്ള ശരിയായ ധാരണ അങ്കുലീ നിർദ്ദേശം ഭാഷകാരം പറയുന്നതനുസരിച്ച് അതിന്റെ ശരിയായ ബോധം അതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത് അതിന്റെ തുടക്കമാണ് ബുദ്ധി ബോധ്യം എന്ന് പറയുന്നത് അതില്ലെങ്കിൽ പിന്നീട് അതിനപ്പുറമുള്ള സാക്ഷാത്കാരം പരോക്ഷമായ ജ്ഞാനം കൂടാതെ അപരോക്ഷമായ ജ്ഞാനമില്ല അപരോക്ഷമായ ജ്ഞാനം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അപരോക്ഷമായ ജ്ഞാനത്തിന് കാലതാമസത്തിന് ഉയർത്തിരിക്കാൻ കഴിയാത്ത വിധത്തിലത് ആന്തരികമാണ് ഒന്നാണ് അതാണിവിടെ ശ്രുതി വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ഭ്രമവും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തു പറയുന്നത് സ്വയം ആത്മാ ഓങ്കാര വിധേയ പരാപരത്വേന ചതുഷ്പാ കർഷാപണപത്ീ ബ്രഹ്മമാണ് എന്നെല്ലാം കേട്ടുകഴിഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യനും കേവലം ഒരു അഹങ്കാരമായിട്ട് എന്ന് കേട്ടു അങ്ങനെ അവന് ധരിക്കാൻ പറ്റും അതിന്റെ ബുദ്ധി ദോഷങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ ദോഷങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വയമാത്മാ ഓങ്കാരാഭിധേയ ഈ ഓങ്കാരം സദാ വെളിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ സ്വരൂപം ആത്മാ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം ശ്രോതാവിന്റെ സ്വരൂപം എന്താ ഒരിക്കലും നമ്മൾ ആത്മാവെന്ന് പറയുന്നതും ഒരു വസ്തുവായി ധരിക്കരുത് ആത്മാവെന്ന് പറയുന്ന ഒരു പദാർത്ഥത്തെ പദാർത്ഥം എന്ന് പറയുമ്പോൾ കല്ലും മണ്ണും എല്ലാം ഓരോ പദാർത്ഥങ്ങളാണ് അതുപോലെ ഒരു പദാർത്ഥത്തെ നമുക്ക് വെളിപ്പെടുത്തി തരാൻ ശ്രമിക്കുകയാണ് പദാർത്ഥം പറഞ്ഞാൽ എന്താണ് പദത്തിന്റെ ശബ്ദത്തിന്റെ അർത്ഥം അതാണ് പദാർത്ഥം പദത്തിന്റെ അർത്ഥം പദാർത്ഥം നമ്മളീ കാണുന്നതും കേൾക്കുന്നതും എല്ലാം പദാർത്ഥങ്ങളാണ് പദത്തിന്റെ അർത്ഥങ്ങളാണ് കല്ലും മണ്ണും എല്ലാം പദാർത്ഥങ്ങളാണ് ശബ്ദത്തിലൂടെ നമ്മൾ ഗ്രഹിക്കുന്നതെല്ലാം പദാർത്ഥങ്ങളാണ് ശബ്ദാർത്ഥങ്ങളാണ് ശ്രുതി പദാർത്ഥമായി ശബ്ദാർത്ഥമായി ആത്മാവിനെ വെളിപ്പെടുത്തുകയല്ല ആത്മാ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥമായി വെളിപ്പെടുത്തുകയല്ല നമ്മൾ ആത്മാ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ മറ്റ് ശബ്ദങ്ങൾ കേൾക്കുന്നത് പോലെ നമ്മളതിനെ പദാർത്ഥമായി ഗ്രഹിക്കും കാരണം ഏത് ശബ്ദം കേട്ടാലും നമുക്ക് ഒരർത്ഥബോധമുണ്ടാവും നമുക്ക് പരിചയമുള്ള ശബ്ദമാണെങ്കിൽ പരിയമില്ലാത്ത ശബ്ദമാണെങ്കിൽ എന്തോ ഒന്നും എന്ന് നമ്മൾ ധരിക്കും എന്തായാലും അവിടെ ഒരു അർത്ഥബോധമുണ്ടാവും അത് ചിലപ്പോൾ ഭ്രാന്തമായിട്ടായിരിക്കും യഥാർത്ഥമായിട്ടായി സംശയാത്മകമായി വ്യക്തമായിരിക്കും അവ്യക്തമായിരിക്കും എങ്ങനെയും സംഭവിക്കും അപ്പൊ ശ്രുതി ഒരിക്കലും പദ അർത്ഥമായിട്ട് ആത്മാവിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കാനും അങ്ങനെ അല്ല ശ്രുതി ശ്രമിക്കുന്നതെങ്കിലും നമ്മൾ ധരിക്കുന്ന എപ്പോഴും അങ്ങനെയായിരിക്കും കാരണം പദം കേട്ടുകഴിഞ്ഞാൽ ഉടൻ നമ്മുടെ ഉള്ളിലൊരു അർത്ഥബോധം ഉണ്ടായിത്തന്നെ തീരും അപ്പൊ ആത്മ പരമാത്മാ ബ്രഹ്മം എന്നുള്ള ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ അർത്ഥബോധം ഉണ്ടാവും ആ അർത്ഥബോധം അല്ല പരമാത്മബോധം ഒരു ശബ്ദത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ട് എന്താണോ അതെന്തെങ്കിലും ഒരു ബോധത്തെ അവശേഷിപ്പിച്ചിട്ടേ അത് നശിക്കത്തുള്ളു ശബ്ദം ശ്രവിക്കുന്നു അടുത്ത നിമിഷം അതില്ലാതായിപ്പോകുന്നു ഇവിടെ പോയി വായുവിൽ ലയിച്ചെന്ന് പറയാം പക്ഷെ അതൊന്ന് അവശേഷിപ്പിക്കും ഒരു അർത്ഥബോധം അത് സർവ്വസാധാരണയാണ് ആത്മാ എന്നുള്ള ശബ്ദം അതുപോലെ തന്നെ ഒരു അർത്ഥത്തെ ബോധിപ്പിക്കും ആ അർത്ഥം നമ്മൾ ധരിക്കുന്നത് മാരും അസുരന്മാരും ബ്രഹ്മാവിന്റെ അടുത്ത് ഉപദേശത്തിന് ചെന്നെന്നും ബ്രഹ്മാശബ്ദത്തിലൂടെ അവരെ ആത്മബോധമുണ്ടാക്കാൻ ശ്രമിച്ചെന്നും ഓരോരുത്തരും അവരവരുടെ ധാരണയനുസരിച്ച് ഓരോന്നും ധരിച്ചു എന്നൊക്കെ നമ്മൾ കഥ ഉപംശത്തിൽ വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഉപനിഷ്ദങ്ങളും ആത്മാ ബോധത്തെ പകരാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ സംഭവിക്കുന്നത് കേവലം അർത്ഥബോധമാണ് ആ അർത്ഥബോധം പരമാത്മബോധമല്ല അതിനെ പരമാത്മബോധമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിശദീകരണങ്ങളെല്ലാം അല്ലെങ്കിൽ എന്തിനാണ് ഇത്ര ഈ ശബ്ദം പ്രയോഗിക്കുന്നത് അത്രമാത്രം ദോഷം നമ്മളിലുള്ളതുകൊണ്ടാണ് ദോഷങ്ങൾ മാറാത്തിടത്തോളം കാലം ശബ്ദങ്ങൾ ആവർത്തിക്കേണ്ടി തന്നെ വരും അതുകൊണ്ടായ ആത്മാ എന്ന് ഇത്രയും പറഞ്ഞാ മതി ശ്രുതി ബോധിപ്പിക്കേണ്ടതിനവിടെ ബോധിപ്പിച്ചു കഴിഞ്ഞു പക്ഷേ നമ്മൾ ബോധിച്ചിട്ടില്ല നമ്മൾ എന്തോ ഒരു അർത്ഥബോധം നമുക്കുണ്ടായി അത് അപൂർണമാണോ പരമാത്മബോധമല്ല അതുകൊണ്ട് തന്നെ വീണ്ടും വിശദീകരിക്കുന്നു സ്വയം ആത്മാ വിധേയ ഓങ്കാരം വെളിപ്പെടുത്തുന്ന ഈ ആത്മാവ് സ്വരൂപം പ്രത്യേക സ്വരൂപം അത് പരാപരത്വന ഊസ്ചിത അതിനെ വ്യാഖ്യാനിച്ച് നിർത്തിയിരിക്കുന്ന ഏതുവരെ പരാപരൂപങ്ങളിൽ പരബ്രഹ്മം അപരബ്രഹ്മം കാര്യബ്രഹ്മം കാരണബ്രഹ്മം ഹിരണ്യഗർഭൻ സൂത്രാത്മാവ് അന്തര്യാമി ഈശ്വരൻ ഇങ്ങനെ പലതരത്തിൽ അതാണ് പരാപരൂപത്തിൽ വ്യവസ്ഥിതമാക്കിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ശ്രീതി തന്നെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ് ഇവിടെ അതിന് ചതുഷ്പാത് ചതുഷ്പാത് എന്ന് പറഞ്ഞു നാല് പാദങ്ങളോടുകൂടി നാല് ഭാഗങ്ങളോടുകൂടി നാല് അംശങ്ങളോടുകൂടി നിൽക്കുന്നു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രട്ട ബുദ്ധി അതതിനെ ശരിയായ രീതി ധരിക്കത്തില്ല എന്ന് ശ്രുതിക്കറിയാം അല്ലെങ്കിൽ ആചാര്യനറിയാം അതുകൊണ്ട് പറയുന്നു നിങ്ങളതൊരിക്കലും കാർഷാപുണവത് നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് നാലംശം നാല് പാദം എന്നൊക്കെ പറയുമ്പോൾ കാർഷാപുണവത് ന ഗൗരിവത് അതിനെ കർഷാവണത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നതുപോലെ ധരിക്കണം പശുവിനെ ധരിക്കുമ്പോലല്ല എന്നാണ് ഒരു കാര്യം നമുക്ക് ഉപമകൾ എപ്പോഴും പറയും എന്താണോ മന്ദബുദ്ധികൾക്ക് വേണ്ടിയിട്ടാണ് ഉപമകൾ പറയുന്നത് മൂഢന്മാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ധാരാളം ഉപമകൾ ഉപയോഗിക്കും കാരണം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് മനസ്സിലാകത്തു അപ്പോൾ അത് കഥകളിലൂടെ പറയും എന്നാലും മനസ്സിലാക്കണമെന്ന് തന്നെ അവന്റെ ബുദ്ധിക്കനുസരിച്ച് അവനത് വ്യാഖ്യാനിച്ചേ മനസ്സിലാവും അതുകൊണ്ടാണ് മഹാത്മാക്കൾ എപ്പോഴും കഥകളിലൂടെ കാര്യം പറഞ്ഞത് ശ്രുതി അധികം കഥകൾ പറയാറില്ല എന്നാലും പറയാറു കാരണം അത് ശ്രമിക്കുന്നതും സുബുദ്ധിയുള്ളവരും ഉണ്ടെന്നൊരു വിശ്വാസമുണ്ട് ശ്രുതിക്ക് അധികം കഥകൾ പറയാറുള്ള എന്നാലും ഇവിടെ ഒരു ഭക്ഷ്യക്കാരനെന്ത് ചെയ്യുന്നതിനെ വിശദമാക്കാൻ വേണ്ടിയിട്ടൊരു ഉദാഹരണം പറയൂ കർഷാപണം എന്ന് പറയുന്നത് പണ്ടത്തെന്നാണ് അതിന് നാല് ഭാഗങ്ങളുണ്ട് ശരിക്കും അതിന്റെ വ്യാഖ്യാനങ്ങളിൽ പറയുന്നത് അത് പതിനാറ് പണമാണ് ഒരു കർഷാപണം നാല് പണങ്ങൾ കൂടിയ പതിനാറ് പണം നാല് പണം കൂടുമ്പോൾ ഒരു പാത പിന്നെ നാലു കൂടി ചേരുമ്പോ അര പിന്നെ നാല് കൂടി ചേരുമ്പോ മുക്കാൽ പിന്നെ നാലു കൂടി ചേരുമ്പോ മുഴുവനായി അപ്പൊ പതിനാറായി നാം നാല് പതിനാറ് പഴയകാലത്ത് നമ്മുടെ നാട്ടിലെ അണ പോലെ അതില് കാലണ അരയണ മുക്കാലണ ഒരണ അങ്ങനെയായിരുന്നു അത് തന്നെ കൊണ്ടങ്ങനെയായിരുന്നു നൂറ്റുള്ള പേരെ ഒരണയെ ഒരണ എന്നെടുത്താൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാം ഒരു രൂപ എന്ന് പറയുമ്പോൾ എന്താണ് അതിന് നാല് പാദങ്ങളുണ്ട് ഒരണ എന്ന് പറയുമ്പോൾ അതിൽ കാലണയുണ്ട് പിന്നെ അരയണയുണ്ട് രണ്ട് കാലണ ചേർന്ന മൂന്ന് കാലണ ചേരുന്ന ഒരു മുക്കാലണയുണ്ട് നാല് കാലണ ചേർന്ന് ഒരു മുഴുവൻ അണയുണ്ട് അപ്പൊ നാല് പാദങ്ങളെന്ന് പറയുമ്പോൾ ഒരണയ്ക്ക് ഈ പാദങ്ങളോടുള്ള ബന്ധമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുമ്പോൾ കാലണ അരയണ മുക്കാലണ അത് കഴിഞ്ഞുവരുന്ന ഒരു ഭാഗം നമ്മളതിനാ കേവലം കാലണയായിട്ട് എടുക്കരുത് കണക്കനുസരിച്ചത് കാരണയുള്ളൂ പക്ഷെ ഇവിടെ അങ്ങനെ എടുക്കൽ കാരണം അവസാനത്തെ ഭാഗമെന്ന് പറയുന്നത് ഒരണയെ പൂർത്തിയാക്കുന്നതാണ് ആ കാലണ ആദ്യത്തെ കാലണയാണ് പിന്നെ രണ്ടാമത് വന്ന് കാലണയാണോ മൂന്നാമത് വന്ന് കാലണയാണോ നാലാമത് വന്ന് കാലണയാണോ ആ നാല് കാലണകളിലും ആ ഒരു ഭാഗമുണ്ട് ഒന്നിനെ പൂർത്തിയാക്കുന്ന ആ കാല് എന്ന് പറയുന്നത് സർവോത്രയുള്ളതാണ് അല്ലെങ്കിൽ മുക്കാലായി നിന്നാ ഒന്ന് പൂർത്തിയാകത്തില്ല ഒരു കാല് കൂടി അതിനോട് ചേരുമ്പോഴാണ് ഒന്നാകുന്നത് ആ കാലെവിടെ നിൽക്കുന്നു അത് ആദ്യം മൂലം അവസാനം വരെയുള്ളു വേറെ തരത്തിൽ പറഞ്ഞാൽ ആ ഒന്നിന്റെ ഭാഗമായിരിക്കുന്നതാണ് ഈ കാലുകളല്ല നാല് കാലുകൾ ാലുകളും ഒന്നിന്റെ അന്തർഭവിച്ചിരിക്കുന്നു ഒന്നിൽ നിലനിൽക്കുന്നതാണ് ആ നാല് അതുപോലെ ഇവിടെ മനസ്സിലാക്കും ചതുഷ്പാക് എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ആദ്യ ഒരു വിശ്വൻ പിന്നെ അതിൽ നിന്ന് വേറെ തൈജസൻ അത് കഴിഞ്ഞ് മൂന്നാമതൊരു പ്രാജ്ഞൻ അത് കഴിഞ്ഞ് നാലാമത്തേതൊരു തുരി അങ്ങനെ ധരിക്കരുത് അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പശുവിന്റെ നാല് കാലുകളെ എണ്ണും പോലെയാണ് ഇത് ഒന്നാമത്തെക്കാല് ഇത് രണ്ടാമത്തെക്കാല് ഇത് മൂന്നാമത്തെക്കാല് ഇത് നാലാമത്തെക്കാൾ പരസ്പര ബന്ധമില്ലാത്ത നാല് കാലുകൾ ഈ നാല് കാലുകൾ ചേർന്നിട്ട് ഒരു കാലാകത്തിലൊരിക്കുന്നു നാലു കാലം ചേർന്നിട്ട് ഒറ്റക്കാലുള്ള ഒരു പശു അങ്ങനെ സംഭവിക്കാറില്ല എന്തുകൊണ്ട് അത് പരസ്പരം ബന്ധമില്ലാതെ വേർപിരിഞ്ഞ നാലെണ്ണമാണ് അപ്പൊ ഒന്നാമത്തെ കാല വിശ്വൻ രണ്ടാമത്തെ കാല തൈജുസൻ മൂന്നാമത്തെ കാലം പ്രാജ്ഞൻ ഈ മൂന്ന് കാലം വിട്ടിട്ട് അവസാനം നാലാമത്തെ കാലം തുര്യൻ ആ രീതിയിൽ തുരിയല ധരിക്കരുത് ഈ നാലിലും അനുസ്യൂതമായിരിക്കുന്നതാണ് തുരിയെന്ന് വരണമെങ്കിൽ പശുവിന്റെ നാല് കാലുപോലെ ഇരുന്ന പോലെ അതാണ് ഇവിടെ പറഞ്ഞിരുന്ന ഗൗരിവ പശുവിന്റെ കാലുകൾ പോലെയല്ല ഈ നാല് പാദങ്ങൾ മറിച്ച് ആ ഒരു രൂപയിൽ നാല് കാൽ രൂപ അടങ്ങിയിരിക്കുന്ന പോലെയാണ് അപ്പൊ ആ നാല് കാലുകളെയും ഉൾക്കൊണ്ട് നിൽക്കുന്നതാണ് ആ ഒന്ന് തുരിയൻ അപ്പൊ തുര്യനെ നിങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം വേർതിരിച്ച് വേറിട്ടൊന്നായിട്ട് ധരിക്കാനുള്ളതല്ല മനുഷ്യൻ തുര്യൻ ഇതിനെല്ലാം നിലനിർത്തിക്കൊണ്ട് നിൽക്കുന്നതാണ് തുര്യനിൽ തന്നെയാണ് വിശ്വൻ തുര്യനിൽ തന്നെയാണ് കൈജസൻ തുരിയനിൽ തന്നെയാണ് പ്രാഗ് അതേസമയം ഇതിനെല്ലാം അതീതനായും തുര്യൻ നിൽക്കുന്നതാണ് തുര്യൻ ഇതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടു നിൽക്കുന്നു തുര്യൻ ഇതിനെല്ലാം അതീതനായി നിൽക്കുന്നു എപ്പോ ഒരേ സമയം അതാണ് തുര്യന്റെ മഹത്വം തുര്യൻ ഒരേ സമയം വിശ്വതൈജസ്സപ്രാജ്ഞന്മാരായി നിൽക്കാൻ കഴിയും അതേസമയം വിശ്വതൈജസ്വ പ്രാജ്ഞന്മാർക്ക് അതീതനായി അതിനാധാരമായി നിൽക്കാൻ കഴിയും അതുകൊണ്ട് തുര്യനെ കുറിച്ച് ധരിക്കുമ്പോൾ അത് ജാഗ്രതത്തിൽ ഇല്ലാത്തത് സൃഷ്ടിയിലും ഇല്ലാത്തത് പിന്നെ സമാധിയിലുള്ളത് അവിടെ പ്രകാശിക്കുന്ന ഒന്നാണ് എന്ന് ധരിച്ചുകളായിരുന്നു അതെല്ലായിടത്തും ഉള്ളതാണ് പക്ഷെ അതെല്ലാത്തിനും അതീതനായി നിൽക്കുന്നതാണ് അല്ലെങ്കിൽ സർവാധാരനായി നിൽക്കുന്നതാണ് അത് മനസ്സിലാകണമെങ്കിൽ ഈ കാഷാവണ ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കണം അതിൽ നാലാമത്തെ ഭാഗം എന്ന് പറയുന്ന ഏതാണ് ഒരു രൂപയുടെ ആദ്യത്തെ ഭാഗവും രണ്ടാമത്തെ ഭാഗവും മൂന്നാമത്തെ ഭാഗവും നാലാമത്തെ ഭാഗവും ഇതെല്ലാമാണ് എന്നാൽ ഏതെങ്കിലും ഒന്നാണോ അല്ലതാണ് ഒന്നെന്ന് പറയുമ്പോൾ ഇതെല്ലാത്തിനെയും ഉൾക്കൊണ്ട് നിൽക്കുന്നതും എന്നാൽ അതിന്റെ പൂർണ്ണതയും ഇതിൽ നിന്നെല്ലാം അന്യവുമാണ് നമുക്കൊരിക്കലും കാലണ എടുത്തു വച്ചിട്ട് ഇതാണോ ഒരെണ്ണ എന്ന് പറയാൻ പറ്റത്തില്ല ഒന്നിൽ മാത്രം അതിനൊതുക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നാൽ കാരണയിൽ വരണയില്ലേ എന്ന് വെച്ചാൽ ഉണ്ട് തന്നെ ആ രീതിയിൽ അതിന്റെ അതീതഭാവത്തെ അതിന്റെ പൂർണതയെ മനസ്സിലാക്കുന്നിടത്തോളം ഒപ്പം തന്നെ അതിൽ നിന്നും ഒന്നും അന്യമല്ല എന്നും മനസ്സിലാക്കും അതിനു വേണ്ടിയിട്ടിവിടെ പറയുന്നു എന്താണ് ഇവിടെ തുരീയായിട്ട് വർണ്ണിക്കുന്ന ആത്മാ അത് നാല് പാദങ്ങളായി അതിനെ വിഭജിക്കുന്നുണ്ടെങ്കിലും അതെന്താണ് അയം ആത്മാ അതിപ്പോ ഇവിടെ ഈ സമയത്തുള്ളത് ഏത് സമയത്തിലും സമയാതിവർത്തിയായി നിലനിൽക്കുന്നതാണ് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞെന്താണ് പ്രത്യേകാത്മാ പ്രത്യേകാത്മാവായിരിക്കുന്നു ജാഗ്രതത്തിൽ അഭിമാനിക്കുമ്പോൾ അത് വിശ്വഭാവത്തിലിരിക്കുന്നത് ആ തുര്യൻ തന്നെ ഇപ്പൊ തുര്യൻ ജാഗ്രതയിലില്ലാത്ത എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് സമാധിയിൽ ഏറ്റുമുട്ടേണ്ട കാര്യമല്ല ഇപ്പോൾ ഉള്ളത് തന്നെ ജാഗ്രതത്തിലുള്ളത് പക്ഷേ ജാഗ്രത ജീവൻ വൃധ അഭിമാനിച്ചിരിക്കുന്നത് അഭിമാനത്തിന് വിഷയമായിരിക്കുന്നത് അഹംബോധത്തിനവിടെ വിഷയമായിരിക്കുന്നത് അവന് വിശ്വൻ എന്ന് പേരിട്ട് വിളിക്കുന്നു അഹംബോധത്തിന് ആധാരമായിരിക്കുന്നതോ അതിനൊരിക്കലും വഴിപ്പെടാത്ത വിഷയമാകാതിരിക്കും അത് തിരികും ഈ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ എന്തായി അത് അതിന്റെ സാക്ഷാത്ഥാനമായി അതായി അതിന്റെ പ്രത്യേക ആത്മഭാവം അങ്ങനെ നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അയം ആത്മാ ്രഹ്മ എന്ന് ശ്രുതി പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പരമാത്മതത്വത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനനം ചെയ്യുമ്പോൾ ശ്രവിക്കുമ്പോൾ അത് ഏത് സമയത്തായാലും അതിനെ അന്തരംഗമായി അന്തർമുഖമായി ആത്മനിഷ്ഠമായി ഗ്രഹിച്ചുകൊണ്ട് വേണം അതിനെക്കുറിച്ചുള്ള എല്ലാ ചിന്തകളും അവിടെ ആത്മനിഷ്ഠത കൈവിട്ട് പോയാൽ അതിനെ പരോക്ഷതെന്ന് പറയും അതിനെ കുട്ടികളുള്ള പരോക്ഷ ജ്ഞാനമാണ് അപ്പം നമുക്ക് കൈ ആകാശത്തിലേക്ക് വരുത്തേണ്ടി വരും ആത്മനിഷ്ഠത ഒരുവനും നഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ കേൾക്കുമ്പോഴും പറയുമ്പോഴും അതായത് അപരോക്ഷമായിരിക്കും എന്നെ അതിനെ നമുക്ക് വാക്കുകൊണ്ട് പറയാൻ പറ്റും അത് തന്നെയാണ് അതിന്റെ സമാധി എന്ന് പറയുന്നത് മറ്റ് സമാധികളൊക്കെയാണ് യോഗാഭ്യാസങ്ങളിലൂടെയൊക്കെ നമ്മൾ പ്രാപിക്കുന്ന സമാധി പക്ഷെ ഇവിടെ പറയുന്ന സമാധി അതല്ല അസ്മിൻ ഗീതാ ഭാഷ അവിടെ വിശദീകരിച്ചു അത് അന്തരാത്മാവായി സദാ സ്ഫിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ചൈതന്യ സാന്നിധ്യം അതിനെയാണ് അവിടെ സമാധി എന്ന് പറഞ്ഞത് അത് ജാഗ്രതത്തിലുള്ളതാണ് സ്വപ്നത്തിലും സുഷുപ്തിയിലും എല്ലാം ഉള്ളതാണ് പക്ഷെ ഇതിങ്ങനെ പറയുമ്പോൾ അടുത്ത ഗൌഢപാതാചാര്യത് പറയും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയത്തും അഭയ ഭയദർശനം അഭയത്തിൽ ഭയത്തെ ദർശിക്കുന്നവർ ഇത്രയൊരു സമാധിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയന്നുപോകും എന്നാണ് അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല സത്യത്തെ നേരിട്ട് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഭയപ്പെട്ടു അങ്ങനെ ഭയമുണ്ടെങ്കിൽ പിന്നെ അവരുടെ പറയേണ്ടെന്നാണ് പിന്നെ അവരോട് അവർക്ക് ഇഷ്ടമുള്ള കാര്യം പറയും പരമാർത്ഥം ഇതാണ് അത് സംശയരഹിതമായി ബോധ്യപ്പെടുന്നതിന് വേണ്ടി വീണ്ടും ഇവിടെ വിശദീകരിക്കുകയാണ് ഇത് ചതുഷ്പാത്തായിരിക്കുന്നത് കർഷാപണം പോലെയാണ് മറ്റു തരത്തിലെ ധരിക്കരുത് എന്ന് വെച്ചാൽ പരമാത്മാവിനെക്കുറിച്ച് ആത്മനിഷ്ഠമായി മാത്രമേ ചിന്തിക്കാവൂ മറിച്ചൊരു തരത്തിനും ചിന്തിക്കരുത് എന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെയാണെങ്കിൽ ഇതിന് പാദമെന്നതുകൊണ്ട് പറഞ്ഞു ഫലത്തിൻ്റെ ഒന്നാണെന്നാണ് വരുന്നത് അത് അന്തരാത്മാവായിരിക്കുന്നു പ്രത്യക്ഷ സ്വരൂപമായിരിക്കുന്നു നമ്മൾ ഒന്നായിരുന്നിട്ടും ഇതിന് വീണ്ടും പാദങ്ങൾ എന്ന് പറയുമ്പോൾ ഭാഗങ്ങളായിട്ട് ഇതിനെതിന് വേർതിരിച്ച് വിശദീകരിക്കുന്നു പറയുന്നു ത്രയാണം വിശ്വാദീനം പൂർവപൂർവ്വപ്രവിലാപനേനീയസ് പ്രതിപത്തി ഇത് കരണസാധന പാദശബ്ദ പാദശബ്ദം പതു ധാതുവിൽ നിന്നും പാദശബ്ദം ഉണ്ടാകുമ്പോൾ രണ്ടർത്ഥത്തിലാണ് രണ്ട് അതിനും വിത്പത്തി എന്ന് പറയും ശബ്ദാർത്ഥ നിയമം രണ്ട് നിയമം അനുസരിച്ചിട്ടാണ് ആ ശബ്ദം പ്രവർത്തിക്കുന്നത് ആ ശബ്ദത്തിന് അങ്ങനെ രണ്ടു അർത്ഥങ്ങളുണ്ട് നിയമം കൊണ്ട് ശബ്ദം ഉണ്ടാക്കിയെന്ന് തന്നെ പറയുന്നു ഒരു ശബ്ദവും ആരും നിയമം കൊണ്ടുണ്ടാക്കിയിട്ടില്ല മറിച്ച് ശബ്ദം നിലനിൽക്കുന്ന ശബ്ദത്തിന്റെ നിയമങ്ങളെ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ശബ്ദങ്ങൾ നിയമത്തിലൂടെ ഉണ്ടാക്കാൻ വ്യാകരണന്മാർ കഴിയത്തില്ല അതിനൊന്നും അല്ല വ്യാകരണ ഭാഷ എന്ന് പറയുന്നു വ്യാകരണമെന്ന് പറയുന്നു ഒരു ഭാഷ വ്യാകരണത്തിലൂടെ ഭാഷ ഉണ്ടാകുന്ന വ്യാകരണമനുസരിച്ച് ശബ്ദങ്ങളെ സൃഷ്ടിക്കുന്നു ശബ്ദത്തിൽ ചില നിയമങ്ങളും ശബ്ദത്തിന്റെ അന്തർഹിതങ്ങളായിരിക്കുന്ന നിയമങ്ങളെ വിശദീകരിക്കുന്നതിനാണ് വ്യാകരണം എന്ന് പറയുന്നത് അപ്പൊ ആ നിയമം മനസ്സിലാക്കിയാൽ ആ ശബ്ദാർത്ഥം കൂടുതൽ വ്യക്തമാവും അതാണ് വ്യാകരണ പഠനത്തിന്റെ പ്രയോജനം അല്ലാതെ ശബ്ദത്തിന് നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് അത് മനസ്സി വെച്ചുകൊണ്ടുകൂടെ ഭാഷകാലം പറയണം പാദശബ്ദം രണ്ടു തരത്തിലുള്ള അർത്ഥം അതിൽ നിന്ന് വരാം പദ്യദേശാർത്ഥത്തിൽ മറ്റൊന്ന് പര്മാർത്ഥത്തിൽ പതിക്കുക എന്ന് പറഞ്ഞാൽ ഗമിക്കുക അറിയുക രണ്ടർത്ഥം ഗമനം എന്നുള്ള അർത്ഥത്തിലുള്ള എല്ലാ അധാതുക്കൾക്കും അറിയുക എന്നുള്ള അർത്ഥമുണ്ട് സംസ്കൃതത്തിൽ അതൊരു പൊതു നിയമമാണ് അതുകൊണ്ട് രണ്ടു തരത്തിലും പറയാം അനേന അറിയാൻ സഹായിക്കുന്നത് എന്തുകൊണ്ടാണോ അറിയുന്നത് അറിയുന്നതിന് ഉപകരണമായിരിക്കുന്നതാണ് പാദം അതൊരർത്ഥം ഇനി പദ്യതെ ഇതി പാദ എന്ന് കർമാർത്ഥത്തിലുള്ള ഭാഗമാണ് സഹർമ്മ ഭാഗമാണ് അപ്പോൾ അതിൽ നിന്ന് കർമാർത്ഥത്തിനും ഇതേ ശബ്ദം നിഷ്പാദിക്കാം പദ്യതെ അറിയപ്പെടുന്നത് ഗമിക്കപ്പെടുന്നത് അറിയപ്പെടുന്നതേതോ അത് പാദം രണ്ടർത്ഥം വന്നു രണ്ടോടെയുള്ളൂ അറിയാൻ ഉപകരിക്കുന്നത് പാദം പറയുമ്പോൾ ഏതാണ് വിശ്വസപ്രാജ്ഞന്മാർ പദ്യതെ അറിയപ്പെടേണ്ടതെന്ന് പറയുന്ന ഏതാണ് തിരിയത് ഇപ്പൊ തുര്യനും പാദമായി വിശ്വതേജസ്സപ്രാജന്മാരും പാദമായി വിശ്വ തേജസ്സ പ്രാജ്ഞന്മാരിലൂടെ തുര്യനെ അറിയുന്നു അറിയുന്നതിനാണ് ഈ സൃഷ്ടി ഈശ്വരന്റെ ജീവസൃഷ്ടി എന്തിനു വേണ്ടി അദ്വൈതത്തിൽ ശ്രുതിയിൽ പ്രത്യേകിച്ചും പറയും എന്താണ് ജീവ സൃഷ്ടിയുടെ പറയുന്ന സമാധാനം ഒന്നേ ഉള്ളൂ എന്താണ് ഈശ്വരനെ അറിയിക്കുക വേറെ സൃഷ്ടിക്ക് അങ്ങനെ ഒരേറ്റ ഉദ്ദേശ്യമേ എന്താണെന്നുള്ള കാര്യയിൽ ചർച്ച ചെയ്യും സൃഷ്ടി സ്വദ്ദേശ്യമാണ് സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടി ചെയ്ത ആണെന്നും സൃഷ്ടിയെ സംബന്ധിച്ചൊരു താല്പര്യമുണ്ട് ഒരു ഉദ്ദേശമുണ്ടെന്ന് എന്താണ് ആ താല്പര്യം സ്രഷ്ടാവിനെ അറിയുക അറിയുക അല്ലെങ്കിൽ സൃഷ്ടാവിനെ പ്രാപിക്കുക അതാണ് അതിനുവേണ്ടി ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ മറ്റൊന്നുമില്ല എന്നാണ് സൃഷ്ടിയിൽ സജീവന്മാർ എന്തെല്ലാം കോലാഹലങ്ങൾ കാണിച്ചാണ് അതെല്ലാം ആത്യന്തികമായി ഈ കൃഷ്ണാവിനെ അറിയുന്നതിനല്ലെങ്കിൽ കൃഷ്ണാവിനെ പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് മറ്റൊന്നുമില്ല ഇവിടെ ബാക്കി നമ്മുടെ ജ്ഞാനകർമ്മങ്ങളെല്ലാം നമ്മൾ മറ്റെന്തിനെയോ ഒക്കെ വേണ്ടിയാണെന്ന് ധരിച്ചിരിക്കുന്നതെല്ലാം ആത്യന്തികമായി ശരിയാണ് ഇതുവരെ ഈ ജീവന്മാർ ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതുമെല്ലാം ആ സ്രഷ്ടാവിനെ പ്രാപിക്കുന്നതിന് അല്ലെങ്കിൽ അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു തത്രപ്പാട് എന്ന് പറയാം അതിനുവേണ്ടിയിട്ടുള്ള ഒരു വേവലാതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അതിനപ്പുറം വേറൊന്നുമില്ല അതിനുള്ള ഉപായങ്ങൾ സൂക്ഷ്മമായ ഉപായങ്ങളായി കൃഷി നിർദ്ദേശിക്കുന്നതാണ് മൂന്ന് പേര് വിശ്വതൈജസ്സപ്രാജ്ഞന്മാർ ഒരു ജീവനിൽ തന്നെയുള്ള മൂന്നവസ്ഥ ഇതാണ് അതിന്റെ ഉപായം വിശ്വ തൈജസ്വ പ്രാജ്ഞന്മാരിലൂടെ എത്തിച്ചേരേണ്ടത് എവിടെ അല്ലെങ്കിൽ പ്രാപിക്കേണ്ടത് അറിയേണ്ടതാരെ തുര്യൻ അത് തന്നെയാണ് സ്രഷ്ടാവ് സൃഷ്ടാവെന്ന് പറഞ്ഞാൽ സൃഷ്ടാവിന്റെ യഥാർത്ഥം വിശ്വനും തേജസ്സനും പ്രാജ്ഞനുമെല്ലാം സൃഷ്ടാവിന്റെ രൂപങ്ങൾ തന്നെ പക്ഷേ എന്റെ പരമാർത്ഥ രൂപമെന്ന് പറയുന്ന ആ തുര്യനാണ് അത് അതിന്റെ വൃഷ്ടി ജീവഭാവത്തിൽ നമ്മൾ അതിനെ സൃഷ്ടാവുന്നൊന്നും വിളിക്കുന്നില്ല സൃഷ്ടികർത്താവെന്ന് നമ്മൾ അതിനെ പറയുന്നു പക്ഷേ എന്റെ സമഷ്ടിഭാവത്തിൽ അതിനെ തന്നെയാണ് നമ്മൾ സൃഷ്ടികർത്താവെന്ന് വിളിക്കുന്നത് അതുകൊണ്ട് അത് രണ്ടായി പിരിഞ്ഞു ഒന്ന് അറിയുന്നതിനുള്ള ഉപായമായും മറ്റൊന്ന് റിയപ്പെടേണ്ടവനായും അതുതന്നെ തിരിഞ്ഞു എന്നിട്ട് താൻ തന്നെ തന്നെ അറിയാൻ ശ്രമിക്കുന്നു അതാണ് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെന്ന് പറയുന്നത് അതാണ് ഉപുരുഷത്തിന്റെ നിലപാട് അത് നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമാണ് ഇവിടെ ഇപ്പം പറയുന്നത് ത്രയാണാം വിശ്വാധീനാം പൂർവ്വപൂർവ്വ പ്രവിതാപനേന വിശ്വസൈസ്മാര് പൂർവപൂർവ്വത്തിലുള്ളതിനെ നിഷേധിച്ചിട്ട് ബോധിക്കുന്നു ഇത് വിശ്വസന്മാരോടുകൂടി ചേർത്തിരിക്കുന്ന ആ പാദശബ്ദം കരണാർത്ഥത്തിലാണ് പരമാത്മ പ്രാപ്തിക്കുള്ള ഉപകരണങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പാദശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത് തുരിയസ്യ തുരിയനെ സംബന്ധിച്ചാണെങ്കിലോ പദ്യത ഇത് കർമ്മസാധന പദശബ്ദ ഗമിക്കപ്പെടേണ്ടത് അറിയപ്പെടേണ്ടത് എന്നുള്ള അർത്ഥത്തിൽ കർമ്മസാധനം എന്ന് വെച്ചാൽ കർമ്മവിപത്തി അല്ലെങ്കിൽ കർമാർത്ഥത്തിലുള്ള പദശബ്ദമാണ് എന്ന് പറഞ്ഞ് തൽക്കാലം അതവിടെ അവസാനിപ്പിക്കാം ഹേ ബ്രഹ്മ അയം ആത്മാ ബ്രഹ്മ സോയ മഹാത്മാഷ്പാത്